നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹുസുബഹാനുഭവത്തെ ആല ഉദ്ദേശിച്ചത് സംഭവിച്ചു അല്ലാഹുസുബഹാനുഭൂവത്തെ ആലഅ അല്ലാതെ യാതൊരു ശക്തിയുമില്ല എന്ന് നീ പറയണമായിരുന്നില്ലേ സമ്പത്തിലും സന്താനങ്ങളിലും ഞാൻ നിന്നേക്കാൾ കുറവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം